അളവറ്റ അരുളാളനും നിക അൻകുടയോനുമാകിയ അല്ലാഹുവരായി തവങ്ങുകൾ തൻ കണവെ പറ്റി ഉമ്മടം തക്കിത്ത് അല്ലാഹുവിടമും മുറിയൊണ്ടോ അവളുടേ വാർത്തയെ നിശ്ചയമാ അല്ലാഹ് ചെവിയേറ്റൊണ്ടും അല്ലാഹ് ഉൾ ഇരുവരും വാക്ക്വാദത്തെയും ചെവിയേറ്റ നിശ്ചയമാ യാവയുംവൻ എല്ലാവറ്റെയും പാർപ്പവൻ ഉള്ളിൽ ചിലർ തായകൂറി ഇവർ തായകൾ ആകിവിടുവത് ഇവർ പെറ്റെടുത്തവർ തവർ തായകളാവിലും നിശ്ചയമാവല്ലത്തക്കതെയും പൊയ്യാനുമേ കൂടു കണൽ നിശ്ചയമാകവും പൊറപ്പവൻ മികവും മന്നിപ്പവൻ മേലും എവർ തം മനവിയായ കൂറിയ സാമ്പത്തിക അവർ തീണ്ടുവന്നോർ അടിമയെ വിളിച്ചൊണ്ടേ ഉപദേശിക്കപ്പെടുക അല്ലാഹ് നിങ്ങൾ ചെയ്വറ്റ നനു അറിഭവനായി ആനാ അടിമയെ വിതലി എവർ തരവില്ലയോ അവർ അവരും ഒരുവരെ ഒരു തീണ്ടുവൻ തുടർച്ച നോൻപോക്കും എവർക്കും സക്തി വരവില്ലോ അവർ അറുപത് ഏഴ്കൾക്ക് ഉണവ് അൽ അല്ലാഹുവ അവതർ മീതും വിശ്വാസം കൊള്ളാ ഇവ കട്ടുള്ളത് മേലും ഇവ അല്ലാ വിധി വരമ്പുകളാകും അഞ്ചെയും നിരാകരിപ്പവർക്കു നോവിനെയും വേദന എവ അല്ലാഹുവയും അവരുടെ തൂതരെയും എതിർക്കുന്നോ നിശ്ചയമാൻ ഇഴിവാക്കപ്പെട്ടതോ ഇഴിവാക്കപ്പെടുവീ നാം വച്ചനങ്ങളെ ഇറക്കിയുള്ള നിരാകരിപ്പവർക്ക് ഇഴിപുടുത്തും വേദനയും ഉണ്ട് അല്ലാഹ് അവർ അനവരെയും ഉയർ കൊടുത്ത് എഴുപ്പി പിന്ന അവവറ്റ അവവിക്കും നാളിൽ അവർ അവ മറന്ന് വിട്ട പോലും അല്ലാഹ് കണക്കെടുത്ത് വൈത്തിനും അല്ലാ ഒരാളും മീതും സാക്ഷിയാ നിശ്ചയങ്ങളിൽ ഭൂമിയുള്ള അറേകാൻ പാർക്കില്ല രഹസ്യത്തിൽ അവൻ അവൻ ആറാവില്ലോ അവർന്താ അവൻ അവൻ ഇല്ലാമില്ലേ അപ്പാൽ ത്യാമനാളിൽ അവർ ചെയ്തവെപ്പറ്റി അവർക്ക് അവൻ അറിയിപ്പാൻ നിശ്ചയമാറ്റിയും നനു അറിഞ്ഞവൻ രഹസ്യം വിട്ടു തടുക്കപ്പെട്ടും എതവിട്ടും തടുക്കപ്പെട്ടോ അതായത് മീണ്ടും പാവത്തെയും വരമ്പു മീറലെയും റസൂലുക്ക് മാറെയും കൊണ്ട് രഹസ്യമാലോസനേ അവർ നബിയേനിക്കില്ല പിന്നെ അവർ ഉമ്മടം വരുംപോലും അല്ലാഹ് ഉം എവ്വാസകത്തെ കൊണ്ട് സലാം മുഹമൻ കൂറവില്ലയോ അല്ലാമൊണ്ട് സലാം മുഹമൻ കൂടു കങ്ക നാം ഇവർക്കാ ഏൻ അല്ലാഹ് നമ്മ വേദനയ്ക്ക് ആക്കില്ല കൂറി കൊള്ള നരകമേ അവ മീളും തലത്തിൽ അത് മിക കെട്ടതാകും ഈമാണ് കൊണ്ടവുകളേ രഹസ്യം പേശിക്കൊണ്ടാൽ പാവത്തെയും വരമ്പു മീറലെയും നം തൂതരു മാറുതയും കൊണ്ട് രഹസ്യം പേശാദീർ ആനാൽ നന്മ ചെയ്തു ഭയ ഭക്തി ഉടൻ ഇരുപതും രഹസ്യം പേശിക്കൊള്ളു അല്ലാഹുക്ക് യവൻപാൽ ഒന്ന് സേർക്കപ്പെടുവീകളോ അവനുക്കേ അഞ്ചി നടന്നുകൊള്ളു ഈമു കൊണ്ടവർ കവലപ്പടവായിടം ഇരുന്ന് രഹസ്യ പേച്ചാകും ആനാ അല്ലാഹുടേ അനുമതി മോമീനുക്ക് അവനാൽ എന്തും ചെയ്യ മുടിയും അല്ലാഹവയെ മുറ്റിലും നമ്പിരുക്കും ഈമൻ കൊണ്ടവുകളേ സഭകളിൽ നഗർന്ന് ഇടം കൊടുങ്ങൾ ഉണ്ടാക്കപ്പെട്ട നഗർന്ന് ഇടം കൊടുങ്ങൾക്ക് ഇടം കൊടുപ്പാണ് എന്താൽ ഉടനെ എഴുന്നവർക്കും കൽവി്ഞാനം അളിക്കപ്പെട്ടവർക്കും അല്ലാ പദവികളെ ഉയർത്തുവാണ് ഈ മാണ് കൊണ്ടവുകളെ നം തൂരരുടെ രഹസ്യം പേശ നേരിട്ട് ഉൾ രഹസ്യത്തിനും ദാന ധർമ്മത്തെ മുപ്പ ഉ നന്മയും ൂമയ ആണാൽ ദാന ധർമ്മം ചെയ്തു വസതി വെച്ചിരാവിടീൻ നിശ്ചയമാല്ലാഹ് മിക മന്നിപ്പവൻ മിക്ക കൃപയുടയവൻ ഉൾപ്പെ ദാന മുപ്പടുത്തി വയ്ക്ക വേറെ അഞ്ചുകീകളി ചെയ്യ ഇല്ലയൻ അതക്കാർ തൗബാ ചെയ്യും ഉണ്ടെ അല്ലാഹ് മന്നിക്കറേ തൊഴുകയെ മുറപ്പടി നിലനിർത്തുക ുംക്കാത്ത് കൊടുത്ത് അല്ലാഹുക്കും അവൻ തൂതൃക്കും വഴിപെടുങ്ങൾ അഞ്ചിയും എല്ലാം അല്ലാഹ് നനു അറിക എന്ത സമൂഹത്താർ മീതു അല്ലാഹ് കോപം കൊണ്ടാണോ അവൻ സ്നേഹിക്കുന്നവർ നബിയെ കവനിത്തീരാ അവങ്ങളിൽ ഉള്ളവർ അല്ലർ അവർ അവർ അറിഞ്ഞുകൊണ്ടേ ഉള്ളതാ പോയി സത്യം ചെയ്യുന്ന അവർക്കാ അല്ലാഹ് കഠിനം ചെയ്ത നിശ്ചയമാക്കിക്കൊണ്ട് മക്കളെ അല്ലാഹു പാതയെ വിട്ടും തടുക്കുക അവർക്ക് ഇഴിപെടുത്തും വേദന ഉണ്ട് അവ മക്കളും അല്ലാഹ് വിധി വേദനയിലിന് കാപ്പാറ്റ എപ്പോഴും ഉദവാ അവരകാദികൾ അവർ അതിൽ എന്തും ഇരുപ്പ് അവർ അനവരെയും അല്ലാഹ് എഴുപ്പും നാളിൽ അവർ ഉങ്ങളുടെ സത്യം ചെയ്തതുപോലെ അവനിടമും സത്യം ചെയ്യാൻ അഞ്ചെയും അവർ അതം തപ്പിത്ത് കൊള്ളു ഏതോ ഒന്നിൻ മീത് നിശ്ചയമാാൽ ഇരുപ്പതാ എണ്ണിക്കൊവീ തപ്പമാട്ട നിശ്ചയമായ്യള അവ മികത്ത് അല്ലാഹുവ നിലപ്പയും അവർ മറന്ന് വിടുമാറേ ചെയ്തുവിട്ടു അവർ അറിഞ്ഞകൊള്ളി നിശ്ചയമെയും അവനുടേ തൂതരെയും എതിക്കാ നിങ്ങളേ മികവും താഴ്ന്നവർ നാനും എന്നും നിശ്ചയമാടുവോം എന്ന് അല്ലാ വിധിത്തുള്ള നിയാഹ് മിക്ക ശക്തി ഉടയവൻ യരെയും മികത്തവൻ നബിയേ അല്ലാ മറെയും നമ്പും സമൂഹത്തിനായി അല്ലാൻ എതിർപ്പോടെ നേശിപ്പവളാണീ അപ്പിടി എതിപ്പവയ അല്ലെങ്കിൽ അല്ലെ സഹോദര അല്ലേ ഏന അയവൻ ഇതയങ്ങളിൽ അല്ലാ ഈമാനെ എഴുതി പതിവിട്ടും അവൻ തന്നിടം ഇരുന്ന് അരുൾ എന്നും ആന്മാക്കൊണ്ട് ബലപ്പെടുത്തിയൊക്കോകളിൽ എന്തെങ്കിലും ഇരുമ്പടി അവർ പ്രവേശിക്കീഴേ ആടിക്കൊണ്ടിരിക്കും അല്ലാഹ് അവണ്ടാൻ അവനെ പൊരുതി കൊണ്ടാകാം അല്ലാഹുവർ അറിഞ്ഞകൊള്ള നിശ്ചയമാരും വെച്ചിപ്രാ